അള്ളാഹുസുബഹാനഹുവചായാല ഒരു സന്താനത്തെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ സൃഷ്ടിക്കുന്നവയിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നത് അവൻ തെരഞ്ഞെടുക്കുമായിരുന്നു അവൻ എത്ര പരിശുദ്ധൻ അവൻ ഏകനും സർവ്വശക്തനുമായ അള്ളാഹുസുബഹാനഹുവചായല ആണ്